അവൻ രാത്രിയെ പകലിനുള്ളിലും പകലിനെ രാത്രിക്കുള്ളിലും പ്രവേശിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തി അവ ഓരോന്നും നിശ്ചിതകാലം വരെ സഞ്ചരിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുസുബഹാനഹുവത്ത് ആലയാണത് അവനാണ് സർവ്വ ആധിപത്യവും അവനല്ലാത്ത നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ചെറിയ തൊലിപോലും ഉടമസ്ഥതയിലില്ല